വേദഗ്രന്ഥത്തിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിൽ വിധിതീർപ്പ് നടത്താൻ അള്ളാഹുസുബ്ഹാനഹുവറ്റായാലയുടെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും തുടർന്ന് അവരിലെ ഒരു വിഭാഗം അതിൽ നിന്ന് മുഖം തിരിച്ചും വിമുഖത കാണിക്കുകയും ചെയ്യുന്നത് നീ കണ്ടില്ലേ